പറഞ്ഞ വാക്കുകളിൽ നമ്മുടെ ഈ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ അഡ്മിനുകളുടെ ചെയർമാൻ കൂടിയായ ബഹുമാന പൊക്കവത്തങ്ങളുടെ ആശംസയുണ്ടാകും അതിനുശേഷം നാസ്രഫീടെ മുഖ്യപ്രഭാഷണം അതിനുശേഷം പിന്നെ ബാക്കി മകടിമ നമസ്കാരങ്ങൾ പ്രിയങ്കരനായ അബ്ബാസലീഷ് തങ്ങളവുകൾ വേദിയിലുള്ള എസ് കെ സിസിന്റെ ഭാരവാഹികളെ പ്രവർത്തകരെ പണ്ഡിതന്മാർ മമ്മനുകൾ അസ്സലാമലി തത്തായ ഒരു വേദിയിലാണ് നാം ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട വരക്കൽ വെള്ളപ്പുഴക്കങ്ങൾ നവർ അള്ളാഹു മറക്കബഹുലായി വസ്ലം തങ്ങളിലേക്ക് ഹസബിയായി നസബിയായ്മ എൽമിയായി ജമീയ തൊഴിലുമായി എന്ന സംഘടന ആ സംഘടനയ്ക്ക് പിന്നിലാണ് സമസ്തയോള സെമി സ്റ്റുഡന്റ് ഫെഡറേഷൻ അണിനിർന്നിരിക്കുന്നത് പൊതുജനങ്ങളിലേക്ക് യഥാർത്ഥമായ സമസ്തയുടെ ആശയാദർശങ്ങളും സമസ്തയുടെ ആശയങ്ങളും പ്രചരിപ്പിക്കുവാനും അതിന് ശക്തി പകരുവാനും വേണ്ടിയാണ് സമസ്തയോള സെമി സ്റ്റുഡന്റ് ഫെഡറേഷൻ ദൂരീകൃതമായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിന്റെ ശക്തി പരുക ആശയാദർശങ്ങൾ സമസ്തയുടെ ആശയാദർശങ്ങൾ എസ്റ്റേഴ്സ് പുറത്തു ആശയാദർശങ്ങൾ വളരെ ശക്തമായി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെയാണ് ഇന്റർനെറ്റിൽ ബൈലക്സ് മെസ്സഞ്ചറിൽ കേരള ഇസ്ലാമിക് ക്ലാസ് സംവിധാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥയുടെ ആശാദർശങ്ങൾ വളരെ ശക്തമായി സാധാരണക്കാരിലേക്കും നേടിയ ഇരുപത്തിനാല് മണിക്കൂറും ഇന്റർനെറ്റിനുമായി ബന്ധപ്പെടുന്ന ആളുകളിലേക്കും എത്തിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിലൊക്കെ സമസ്തയുള്ള ജന്മത്തുലമായ ആ സംഘടനയ്ക്ക് ശക്തി പകരുവാൻ വേണ്ടിയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അതൊക്കെ സാലിഹായ അമലാക്കി സംസ്ഥ ജന്യത്തലമൊക്കെ ഒക്കെ ശക്തി പെരുവാൻ നടത്തിക്കൊണ്ടിരുന്ന ഈ സംവിധാനം ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ കള്ളത്തരത്തിന്റെ ആളുകളെ പുറത്തുകൊണ്ടിരണം യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി സാധിച്ചിട്ടുണ്ട് അതിന്റെ ഗളീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് കേരള ഇസ്ലാം ക്ലാസ് റൂമിന്റെ എല്ലാ ആശംസകളും സംഘടനയ്ക്കും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന അസ്ലാം മലൈക്കം